അധ്യായം മുപ്പത്തി എട്ട് ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു ആമൂസിന്റെ മകനായ യശയ്യ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചുപോകും സൗഖ്യമാകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവിയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവി ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കേണമേ എന്നു പറഞ്ഞു ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ യശയ്യാവിന് യഹോവിയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ ചെന്ന് ഹിസ്കിയാവോട് നിന്റെ പിതാവായ ദാവീതിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്റെ ആയുസ്സിനോട് സംവത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും ഈ നഗരത്തെ ഞാൻ കാത്തുരക്ഷിക്കും യഹോവ തൻ അരുളി ചെയ്ത ഈ കാര്യം നിവർത്തിക്കും എന്നുള്ളതിന് യഹോവയുടെ പക്കൽ നിന്ന് ഇത് നിനക്ക് ഒരു അടയാളമാകും ആഹാസിന്റെ ഘടികാരത്തിൽഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരിക്കുന്ന നിഴലിനെ ഞാൻ പത്തുപടി പിന്നോക്കം തിരിയുമാറാക്കും അങ്ങനെ സൂര്യൻ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന പത്തുപടി തിരിഞ്ഞു പോന്നു യഹൂദരാജാവായ ഹിസ്കിയാവിന് രോഗം പിടിച്ചിട്ട് അത് മാറി സുഖമായ ശേഷം അവൻ എഴുതിയ എഴുത്ത് എന്റെ ആയുസ്സിൻ മധ്യാത്തിൽ ഞാൻ പാതാളവാതിലകം പൂകേണ്ടി വരുന്നു എന്റെ ആണ്ടുകളുടെ ശേഷിപ്പും എനിക്കില്ലാതെ പോയി എന്ന് ഞാൻ പറഞ്ഞു ഞാൻ യഹോവയെ ജീവനുള്ളവരുടെ ദേശത്തു വെച്ച് യഹോവയെ കാണുകയില്ല ഞാൻ ഭൂവാസികളുടെ ഇടയിൽ വെച്ച് ഇനി മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്റെ പാർപ്പിടം നീങ്ങി ഒരു ഇടയകൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എന്റെ ജീവനെ ചുരുട്ടിവയ്ക്കുന്നു അവൻ എന്നെ പാവിൽ നിന്ന് അറുത്തുകളയുന്നു ഒരു രാപ്പകൽ കഴിയും മുമ്പെ നീ എനിക്ക് അന്തം വരുത്തുന്നു ഞാൻ എന്നെ തന്നെ അടക്കിക്കൊണ്ടിരുന്നു അവനോ സിംഹം പോലെ എന്റെ അസ്ഥികളെയെല്ലാം തകർത്തുകളയുന്നു ഒരു രാപ്പകൽ കഴിയും മുമ്പെ നീ എനിക്ക് അന്തം ീവൽപക്ഷിയോ കൊക്കോ എന്ന പോലെ ഞാൻ ചിലച്ചു ഒരു പ്രാവ് പോലെ കുറുകി എന്റെ കണ്ണ് ഉയരത്തിലേക്ക് നോക്കി ക്ഷീണിച്ചിരിക്കുന്നു യഹോവി ഞാൻ ഞെരുങ്ങിയിരിക്കുന്നു നീ എനിക്ക് ഇടനിൽക്കണമേ ഞാൻ പറയേണ്ടു അവൻ എന്നോട് അരുളിച്ചെയ്തു അവൻ തന്നെ നിവർത്തിച്ചും ഇരിക്കുന്നു എന്റെ മനോവ്യസനം ഹേതുവായി ഞാൻ എന്റെ കാലമൊക്കെയും സാവധാനത്തോടെ നടക്കും കർത്താവ് അതിനാൽ മനുഷ്യർ ജീവിക്കുന്നു എന്റെ ജീവനും കേവലം അതിലത്രെ അങ്ങനെ നീ എന്നെ സൗഖ്യമാക്കി എന്റെ ജീവനെ രക്ഷിക്കും സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എങ്കിലും നീ എന്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞുകളഞ്ഞതുകൊണ്ട് എന്റെ പ്രാണനെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു പാതാളം നിന്നെ സ്തുതിക്കുന്നില്ല മരണം നിന്നെ വാഴ്ത്തുന്നില്ല കുഴിയിലിറങ്ങുന്നവർ നിന്റെ വിശ്വസ്തതയെ പ്രത്യാശിക്കുന്നതുമില്ല ഞാൻ ഇന്ന് ചെയ്യുന്നത് ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും അപ്പൻ മക്കളോട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും യഹോവ രക്ഷിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ജീവപര്യന്തം യഹോവയുടെ ആലയത്തിൽ തന്ത്രിനാദത്തോടെ എന്റെ ഗീതങ്ങളെ പാടും എന്നാൽ അവന് സൌഖ്യം വരേണ്ടതിന് അത്തിപ്പഴക്കട്ട കൊണ്ടുവന്ന് പരുവിന്മേൽ പുരട്ടുവാൻ യശയ്യാവ് പറഞ്ഞിരുന്നു ഞാൻ യഹോബിയുടെ ആലയത്തിൽ കയറി ചെല്ലും അടയാളം എന്ത് എന്ന് ഹിസ്കിയാവ് ചോദിച്ചിരുന്നു